അതിനാൽ അതിലേക്ക് നീ ക്ഷണിക്കുക നിനക്ക് കൽപ്പിക്കപ്പെട്ടതുപോലെ നീ നേരായ വഴിയിൽ നിലകൊള്ളുക അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിന്തുടരരുത് നീ പറയുക അള്ളാഹുസുബഹാനുഹൂവത്തായാല അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ നീതി പുലർത്താൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുസുബാനുഹൂവത്തായാല നമ്മുടെയും നിങ്ങളുടെയും രക്ഷിതാവാണ് നമ്മുടെ കർമ്മങ്ങൾ നമുക്കും നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്കും നമുക്കും നിങ്ങൾക്കുമിടയിൽ യാതൊരു തർക്കവുമില്ല അള്ളാഹുസുബഹാനുഹൂവത്തായാല നമ്മെ ഒരുമിപ്പിക്കും അവനിലേക്കാണ് മടക്കം